അവരുടെ ഹൃദയങ്ങളിലുള്ള വിദ്വേഷമെല്ലാം നാം നീക്കം ചെയ്യും അവരുടെ താഴെയായി പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കും അവർ പറയും ഞങ്ങളെ ഇതിലേക്ക് നയിച്ച അല്ലാഹു സുബഹാനഹൂവറ്റ ആലായെ സ്തുതിക്കുന്നു അല്ലാഹു സുബഹാനഹൂവറ്റ ആല ഞങ്ങളെ നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നേർവഴിയിലാവില്ലായിരുന്നു തീർച്ചയായും നമ്മുടെ രക്ഷിതാവിന്റെ ദൂതന്മാർ സത്യവുമായി വന്നിരിക്കുന്നു അവർ വിളിക്കപ്പെടും ഇതാ സ്വർഗം നിങ്ങൾ പ്രവർത്തിച്ചതനുസരിച്ച് നിങ്ങൾക്കിത് അവകാശമായി നൽകപ്പെട്ടിരിക്കുന്നു